തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹു സുബഹാനുഹുവറ്റ ആലയെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവനവരെ വഞ്ചിക്കുകയാണ് അവർ നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ മടിയോടെയാണെഴുന്നേൽക്കുന്നത് അവർ ജനങ്ങളെ കാണിക്കാനായിട്ടാണത് അള്ളാഹുസുബഹാനുഹുവറ്റ ആലയെ അവർ വളരെ കുറച്ചു മാത്രമേ ഓർക്കുന്നുള്ളൂ